ഓ പ്രവാചകരേ നിങ്ങളുടെ കൈകളിലുള്ള തടവുകാരോട് പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയുണ്ടെന്ന് അള്ളാഹുസുബെനുഹുവറ്റായാലറിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എടുത്തതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്ക് പുറത്തുതരികയും ചെയ്യും അള്ളാഹുഹു സുബഹാനഹുവറ്റായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു